പിന്നെയും യരിഹോവിനെതിരെ യോർലാനികെ മോവാ സമഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് ഇസ്രയേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിപ്പാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് കൽപ്പിക്കാം പട്ടണങ്ങളോടുകൂടെ അവയുടെ പുൽപ്പുറവും നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം പട്ടണങ്ങൾ അവർക്ക് പാർപ്പിടമായിരിക്കണം അവയുടെ പുൽപ്പുറം ആടുമാടുകൾ മുതലായ സകല മൃഗസമ്പത്തിനും വേണ്ടി ആയിരിക്കണം നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കേണ്ടുന്ന പുൽപ്പുറം പട്ടണത്തിന്റെ മതിലിങ്കൽ തുടങ്ങി പുറത്തോട്ട് ചുറ്റും ആയിരം മുഴം വിസ്താരം ആയിരിക്കണം പട്ടണം നടുവാക്കി അതിനു പുറമെ കിഴക്കോട്ട് രണ്ടായിരം മുഴവും തെക്കോട്ട് രണ്ടായിരം മുഴവും പടിഞ്ഞാറോട്ട് രണ്ടായിരം മുഴകും വടക്കോട്ട് രണ്ടായിരം മുഴവും അളക്കേണം ഇത് അവർക്ക് പട്ടണങ്ങളുടെ പുൽപ്പുറം ആയിരിക്കണം നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ ആറ് സങ്കേത നഗരങ്ങളായിരിക്കണം കുല ചെയ്തവൻ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നിങ്ങളവയെ അവനുവേണ്ടി വേർതിരിക്കണം ഇവ കൂടാതെ നിങ്ങൾ വേറെയും നാൽപ്പത്തിരണ്ട് പട്ടണങ്ങളെ കൊടുക്കേണ്ട അങ്ങനെ നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ എല്ലാം കൂടെ ആയിരിക്കണം അവയും അവയുടെ പുൽപ്പുറങ്ങളും കൊടുക്കേണ്ട ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്ന് ജനമേറിയവർ ഏറെയും ജനം കുറഞ്ഞവർ കുറയും പട്ടണങ്ങൾ കൊടുക്കേണ്ട ഓരോ ഗോത്രം തനിക്ക് ലഭിക്കുന്ന അവകാശത്തിനൊത്തവണ്ണം ലേവ്യർക്ക് പട്ടണങ്ങളെ കൊടുക്കണം യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം സഭയുടെ മുമ്പാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കൈയാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേതനഗരങ്ങൾ ആയിരിക്കേണ്ട നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ ആറെണ്ണം സങ്കേത നഗരം ആയിരിക്കേണ്ട യോർലാനക്കരെ മൂന്ന് പട്ടണവും കനാൻ ദേശത്ത് മൂന്ന് പട്ടണവും കൊടുക്കേണ്ട അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം അബദ്ധവശാൽ ഒരുത്തനെ കൊല്ലുന്നവൻ ഏവനും അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് ഈ ആറു പട്ടണം ഇസ്രയേൽ മക്കൾക്കും പരദേശിക്കും വന്നു പാർക്കുന്നവനും സങ്കേതമായിരിക്കണം എന്നാൽ ആരെങ്കിലും ഇരുമ്പ ആയുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചു അവൻ കുലപാതകൻ കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചു അവൻ കുലപാതകൻ കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം അല്ലെങ്കിൽ മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും കയ്യിലിരുന്ന മരയായുധം കൊണ്ട് ഒരുത്തിനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ കൊലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം രക്തപ്രതികാരകൻ തന്നെ കൊലപാതകനെ കൊല്ലണം അവനെ കണ്ടുകൂടുമ്പോൾ അവനെ കൊല്ലണം ആരെങ്കിലും ദേഷ്യം നിമിത്തം ഒരുത്തിനെ കുത്തുകയോ കരുതിക്കൂട്ടി അവന്റെ മേൽ വല്ലതും എറുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ അല്ലെങ്കിൽ ശത്രുതയാൽ കൈകൊണ്ട് അവനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവനെ കൊന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കൊലപാതകൻ രക്തപ്രതികാരകൻ കൊലപാതകനെ കണ്ടുകൂടുമ്പോൾ കൊന്നുകളയണം എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്ന് ഒരുത്തനെ കുത്തുകയോ കരുതാതെ വല്ലതും അവന്റെ മേൽ എറിഞ്ഞു പോകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിക്കാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ലെറിയുകയോ ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ കൊല ചെയ്തവനും രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങളെ അനുസരിച്ച് സഭ വിധിക്കണം കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരകന്റെ കൈയിൽ നിന്ന് രക്ഷിക്കണം അവൻ ഓടിപ്പോയിരുന്ന സങ്കേതനഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവനവിടെ പാർക്കണം എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേതനഗരത്തിന്റെ അതിർവിട്ട് പുറത്തുവരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിനെ പുറത്തുവെച്ച് കണ്ട് രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തന്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു എന്നാൽ കൊല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തന്റെ അവകാശഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായ നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ന്യായവിധിക്കുള്ള പ്രമാണം ആയിരിക്കണം രെങ്കിലും ഒരുത്തനെ കൊന്നാൽ കൊലപാതകൻ സാക്ഷികളുടെ പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം എന്നാൽ ഒരു മനുഷ്യന്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏക സാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല മരണയോഗ്യനായ കൊലപാതകന്റെ ജീവനുവേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വാങ്ങരുത് അവൻ മരണശിക്ഷ തന്നെ അനുഭവിക്കണം സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോയവൻ പുരോഹിതന്റെ മരണത്തിനു മുമ്പേ നാട്ടിൽ മടങ്ങിവന്ന് പാർക്കേണ്ടതിനും നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത് നിങ്ങൾ പാർക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത് രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു ദേശത്തിൽ ചൊരിഞ്ഞ രക്തത്തിനുവേണ്ടി രക്തം ചൊരിയിച്ചവന്റെ രക്തത്താലല്ലാതെ ദേശത്തിന് പ്രായശിത്വം സാധ്യമല്ല അതുകൊണ്ട് ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടമായ ദേശം അശുദ്ധമാക്കരുത് ഇസ്രയേൽ മക്കളുടെ മധ്യേ യഹോവയായ ഞാൻ അധിവസിക്കുന്നു